അള്ളാഹു സുബഹാനുഹൂത്ത ആലായുടെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കേട്ടാൽ അവർ മറ്റൊരു വിഷയത്തിലേക്ക് മാറുന്നതുവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത് എന്ന് ഈ ഗ്രന്ഥത്തിലൂടെ അവൻ നിങ്ങൾക്ക് നേരത്തെ അവതരിപ്പിച്ചു അങ്ങനെ ചെയ്താൽ നിങ്ങളും അവരെപ്പോലെ തന്നെയാകും തീർച്ചയായും അള്ളാഹു സുബഹാനഹുത്ത ആല കപടവിശ്വാസികളെയും അവിശ്വാസികളെയും എല്ലാവരെയും ഒന്നിച്ച് നരകത്തിലൊരുമിച്ചു കൂട്ടുന്നവനാകുന്നു